ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുസുബഹാനുഹൂവച്ചായാലങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതായും പ്രത്യക്ഷവും പരോക്ഷവുമായ തൻറെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചൊരിഞ്ഞതായും നിങ്ങൾ കാണുന്നില്ലേ മനുഷ്യരിൽ ചിലരുണ്ട് അറിവോ മാർഗദർശനമോ പ്രകാശപൂർണമായ ഗ്രന്ഥമോ ഇല്ലാതെ അള്ളാഹുസുബഹാനഹഹൂവച്ചായാലയെക്കുറിച്ച് തർക്കിക്കുന്നവർ